ഇബ്രാഹിം അലൈ ഇസ്ലാമിന് നാം ബൈത്തുള്ളാഹിന്റെ സ്ഥലം നിശ്ചയിച്ചു കൊടുത്ത സന്ദർഭം ഓർക്കുക നീ എന്നോട് യാതൊന്നിനെയും പങ്കുചേർക്കരുത് പ്രദക്ഷിണം ചെയ്യുന്നവർക്കും നിൽക്കുന്നവർക്കും റൊക്കോഴ ചെയ്യുന്നവർക്കും സുജൂത് ചെയ്യുന്നവർക്കുമായി എന്റെ ഭവനത്തെ നീ ശുദ്ധിയാക്കുക